ധ്യായം നാല് സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊറദേക്കായി വസ്ത്രം കീറി രട്ടൊടുത്ത് വെണ്ണീർവാരി ഇട്ടും പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു അവൻ രാജാവിന്റെ പടിവാതിലോളവും വന്നു എന്നാൽ രട്ടൊടുത്തും കൊണ്ട് ആർക്കും രാജാവിന്റെ പടിവാതിലിനകത്ത് കടന്നുകൂടായിരുന്നു രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്ന ഓരോ സംസ്ഥാനത്തും യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഖവും ഉപവാസവും കരച്ചിലും വിലാപവുമുണ്ടായി പലരും രട്ടുടുത്ത് വെണ്ണീറിൽ കിടന്നു എസ്തേറിന്റെ ബാല്യകാര്യത്തികളും ഷണ്ണന്മാരും വന്ന് അത് രാജ്ഞിയെ അറിയിച്ചപ്പോൾ അവൾ അത്യന്തം വ്യസനിച്ച് മൊറദേഖായിയുടെ രട്ടുനീക്കി അവനെ ഉടുപ്പിക്കേണ്ടതിന് അവനെ വസ്ത്രം കൊടുത്തയച്ചു എന്നാൽ അവൻ വാങ്ങിയില്ല അപ്പോൾ എസ്തേർ തന്റെ ശുശ്രൂഷയ്ക്ക് രാജാവാക്കിയിരുന്ന ഷണ്ണന്മാരിൽ ഒരുത്തനായ ഹത്താക്കിനെ വിളിച്ചു അതെന്തെന്നും അതിന്റെ കാരണമെന്തെന്നും അറിയേണ്ടതിന് മൊറദേഖായിയുടെ അടുക്കൽ പോയി വരുവാൻ കൽപ്പന കൊടുത്തു അങ്ങനെ ഹത്താഖ് രാജാവിന്റെ പടിവാതിലിനു മുമ്പിൽ പട്ടണത്തിന്റെ വിശാല സ്ഥലത്ത് മുർദേഖായിയുടെ അടുക്കൽ ചെന്നു മുറുദേഖായി തനിക്ക് സംഭവിച്ചതൊക്കെയും യഹൂദന്മാരെ നശിപ്പിക്കത്തക്കവണ്ണം ഹാമാൻ രാജഭണ്ണാരത്തിലേക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദ്രവ്യസംഖ്യയും അവനോടറിയിച്ചു അവരെ നശിപ്പിക്കേണ്ടതിന് ശൂശനിൽ പരസ്യമാക്കിയിരുന്ന തീർപ്പിന്റെ പകർപ്പ് അവനവന്റെ കയ്യിൽ കൊടുത്തു ഇതെസ്തേറിനെ കാണിച്ച് വിവരമറിയിപ്പാനും അവൾ രാജസന്നിധിയിൽ ചെന്ന് തന്റെ ജനത്തിനുവേണ്ടി അപേക്ഷയും യാചനയും കഴിക്കേണ്ടതിന് അവളോട് ആജ്ഞാപിപ്പാനും പറഞ്ഞു അങ്ങനെ ഹത്താക്ക് ചെന്ന് മൊറദേഖായിയുടെ വാക്ക്റിനെ അറിയിച്ചു യസ്തേർ മൊറദേഖായിയോട് ചെന്ന് പറവാൻ ഹത്താക്കിന് കൽപ്പന കൊടുത്തതെന്തെന്നാൽ യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിന്റെ അടുക്കൽ അകത്തെ പ്രാകാരത്തിൽ ചെന്നുവെങ്കിൽ ജീവനോടിരിക്കത്ത കവണ്ണം രാജാവ് പൊൻ ചെങ്കോൽ അയാളുടെ നേരെ നീട്ടാഞ്ഞാൽ ആയാളെ കൊല്ലേണമെന്ന് ഒരു നിയമമുള്ള പ്രകാരം രാജാവിന്റെ സകല കൃത്യന്മാരും രാജാവിന്റെ സംസ്ഥാനങ്ങളിലെ ജനവും അറിയുന്നു എന്നാൽ എന്നെ ഈ മുപ്പത് ദിവസത്തിനകത്ത് രാജാവിന്റെ അടുക്കൽ ചെല്ലുവാൻ വിളിച്ചിട്ടില്ല അവർ വാക്ക് ായിയോട് അറിയിച്ചു മൊറദേഖായി എസ്തേറിനോട് മറുപടി പറവാൻ കൽപ്പിച്ചത് നീ രാജധാനിയിൽ ഇരിക്കെയാൽ എല്ലാ യഹൂദന്മാരിലും വച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട നീ ഈ സമയത്തും ഇണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തുനിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും എന്നാൽ നീയും നിന്റെ പ്രതിർഭവനവും നശിച്ചു പോകും ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം അതിനെ സ്തർ മൊറഖായോട് പറവാൻ കൽപ്പിച്ചത് നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ മൂന്ന് ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്കുവേണ്ടി ഉപവസിപ്പി ഞാനും എന്റെ ബാല്യക്കാരുത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ അങ്ങനെ മറുദേഖായി ചെന്ന് യസ്തർ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു